ഭൂമിയിലുള്ള എല്ലാ മരങ്ങളും പേനകളാവുകയും കടലിനുശേഷം ഏഴ് കടലുകൾ കൂടി അതിന് മഷി നൽകുകയും ചെയ്താലും അള്ളാഹുസ്ബഹാനഹുവ തായാലായുടെ വചനങ്ങൾ തീർന്നുപോവുകയില്ല തീർച്ചയായും അള്ളാഹുസ്ബഹാനഹുവ തായ പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു